ഇനി രജോ ഗുണം പൃഥക്വനുജവാൻ പൃഥക്വിധാ വേത്തിസു ഭൂത തജ്ഞാനം വിദ്ധി राजसं പൃഥക്വേന വേറെ വേറെ എന്നാൻ വേറെ ൻ വേറെ അവിടുന്ന് തൊട്ടു തുടങ്ങി ഇവൻ വേറെ അവൻ വേറെ ത്വതം മാധ്വാചാര്യർ പഞ്ചഭേദം പറഞ്ഞു നല്ല ആള് ചീത്തയാള് മുക്തപുരുഷൻ ബദ്ധത്തിലിരിക്കുന്നു നിത്യബദ്ധനായ ജീവൻ ഈശ്വരൻ ജീവൻ ജീവനും ജീവനും ഭേദം ഇങ്ങനെ അഞ്ചു ഭേദം ഈ അഞ്ചു ഭേദത്തിനെ ശങ്കരാചാര്യര് പറഞ്ഞു ഇത് പറയാൻ നിങ്ങൾക്കിപ്പോ ഒരു സിദ്ധാന്തം വേണ്ടോ കണ്ണു തുറന്നാൽ കാണുന്നത് അതാണ് ഇതിനിപ്പോ സിദ്ധാന്തമൊന്നും ആവശ്യമില്ലല്ലോ ഇത് ജനറ്റിക് പ്രോബ്ലം ആണ് ജനറ്റിക്കലി ഇതിപ്പോ പോയി ഇതൊക്കെ നിങ്ങൾക്കും എനിക്കും ഭേദമുണ്ട് എന്ന് പറയാനൊരു ഉപനിഷത്ത് ആണോ നിങ്ങൾ രണ്ടുപേരും വേറെ വേറെയാണെന്ന് പറയാൻ ഒരു സിദ്ധാന്തമാണോ ഒരു മഹാത്മാവും ദുരാത്മാവും വേറെയാണെന്ന് പറയാനൊരു ശാസ്ത്ര ആവശ്യമുണ്ടോ ഇല്ല ഇതൊക്കെ ആവശ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാത്തതും പക്ഷെ വാസ്തവമായിട്ടുള്ളതുമായ ബോധ സത്യത്തിനെ ബോധിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ശാസ്ത്രം എല്ലാറ്റിനും പുറകിലും അനുസ്യൂതമായിട്ട് ഒരു വസ്തുവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാസ്ത്രം പക്ഷെ ഈ അറിവ് പൃഥക്ത്വേന നമുക്ക് ഇൻട്രസ്റ്റ് അതാണ് ഇത് വരെ അതുവരെ ഇതിൻ്റെ ഉള്ളിൽ അത് ബൈഫർക്കേഷൻ ബൈഫർക്കേഷൻ ബൈഫർക്കേഷൻ അതാണ് സയൻസ് നാനാഭാമാൻ പൃഥക് വിധാൻ ആദ്യം മോളിക്യൂൾ എന്ന് പറഞ്ഞു പിന്നെ മോളിക്യൂളുടെ ഉള്ളിൽ ആറ്റം ആറ്റത്തിന്റെ ഉള്ളില് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്തൊക്കെയോ പറഞ്ഞു ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വെക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയിൽ വെക്കണം അതിനെക്കുറിച്ചൊക്കെ പല പല പല സിദ്ധാന്തങ്ങള് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോന്ന് തൊട്ടു തുടങ്ങിയിട്ട് ഗാലക്സീസ് ഒമ്പത് ഗ്രഹങ്ങളാണെന്ന് കുറച്ചു കാലം പറഞ്ഞു പിന്നെ പറഞ്ഞു ഒമ്പത് ഗ്രഹങ്ങളില്ല എട്ട് ഗ്രഹങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ മാർക്ക് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിച്ചതൊക്കെ വേസ്റ്റ് ആയി ഇപ്പൊ പിന്നെയും പറഞ്ഞു ഒമ്പത് ഉണ്ടെന്ന് അത് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു ഇവർ നോക്കുമ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ വിചാരിക്കുന്നു ഇവരൊക്കെ ഋഷികളാണ് ഇവർ പറഞ്ഞതൊക്കെ സിദ്ധാന്താണെന്ന് ഒരു കാലത്ത് പറഞ്ഞു ഒമ്പതെണ്ണ എട്ടെണ്ണേ ഉള്ളൂന്ന് പറഞ്ഞു അല്ല ഒമ്പതെണ്ണ ഉണ്ടെന്ന് നമ്മൾ മെനക്കെട്ട് എത്ര ബൈഹാർട്ട് ചെയ്തതാണ് അതൊക്കെ സ്കൂൾ പഠിക്കുമ്പോ അല്ലേ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഒമ്പതില്ല ഒന്ന് വെറും പുകയായിട്ട് പോയി എട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഇതാ പുതിയതായിട്ട് പറയുന്നു ഒമ്പത് എവിടെയോ പോയി വന്നു ഇതെന്ത് കുട്ടികളിയാ അവര് പറയണു നമ്മള് വിശ്വസിക്കണു അത്രേയുള്ളൂ കാര്യം നാളെ അവര് വേറെ എന്തെങ്കിലും മാറ്റി പറയും ഞങ്ങൾ ഇപ്പൊ ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങളൊക്കെ എടുത്ത് വി ഹാവ് പുട്ട് ഇറ്റ് ഇൻ ഡസ്റ്റ്ബിൻ ഇവരുടെ സിദ്ധാന്തം എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടാൻ എത്ര നേരമാണ് അന്നു കാണുന്നതു വാഴ്ത്തുന്നു മാ മുനികൾ എന്നത്രേ ഉള്ളു ഹരിനാരായണായന തുഞ്ചത്താചാര്യൻ പറഞ്ഞു അപ്പ എന്ത് കാണിച്ചു കൊടുക്കണോ അതത് കണ്ടിട്ട് ഇതാണെന്ന് പറയുന്നുണ്ട് സ്വസിദ്ധാന്തവ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന് തൈരയം വിരുദ്ധ്യത്തെ ശങ്കരാചാര്യർ ഗൗഡപാദാചാര്യർ പറഞ്ഞു അവരവരുടെ സിദ്ധാന്തത്തിനെ സ്ഥാപിച്ച് ഇതാണ് സത്യം എന്ന് ബലം പിടിച്ച് വാദം ചെയ്യണു ഞങ്ങൾക്ക് ആരോട് ശണ്ടയില്ല എന്ത് വേണേ പറഞ്ഞോട്ടെ ഏകമെന്ന് പറഞ്ഞാൽ ഏകമായിട്ട് കാണും രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കാണും പലതെന്ന് പറഞ്ഞാൽ പലതായിട്ട് കാണും ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് കാണും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് കാണും എം ഭാവം ദർശയേ ദാവം സതുപശ്യതി എന്ത് ഗംഭീരാ ഗൗഡബാതാചാര്യർ പറഞ്ഞു ആർക്ക് എന്ത് ഭാവത്തിനെ ആ സത്ത് കാണിച്ചു കൊടുക്കണോ അയാൾ അത് കണ്ടിട്ട് അതിന്റെ വാദിയും സിദ്ധാന്തിയും നിരൂപകനും ഒക്കെ ആയിട്ട് മാറുന്നു അയാളുടെ ലൈഫ് അങ്ങനെ പോകും അയാൾ പറഞ്ഞു ഞാൻ കാണണോ ഇത് മുമ്പിൽ എന്നാണ് എന്റെ ദർശനമാണെന്ന് സിദ്ധാന്തമാണെന്നൊക്കെ പറഞ്ഞ വാദിക്കും എല്ലാം വേറെ ഇത് വേറെ അത് വേറെ ഓരോ എലമെന്റിനും ഓരോ പേര് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് എല്ലാത്തിനും പേര് ഒരേ പ്രാണൻ തന്നെ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഒറ്റ കാറ്റാണ് അതിനെ തന്നെ അഞ്ചു പേരാക്കി നമ്മള് അല്ലേ ഹൃദി പ്രാണോ ഗുദേ ഉദാന ഈ അഞ്ചു പോരാ കൂർമ്മ കൃകലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഒരു അഞ്ചെണ്ണുണ്ട് ഇതുപ്പൊ ഈ പേര് വിളിച്ച ആ പ്രാണനൊന്നും അറിയില്ല അതിനീ പേരൊന്നും അറിയില്ല നമ്മൾ കൊടുക്കുന്നതാണ് അതേ തന്നെയാണ് സയൻസിലും പുറത്തേക്ക് വരുമ്പോഴും ഓരോന്നിനും ഓരോ പേര് ഓരോന്നിനോരോ സവിശേഷത ഓരോന്നിനും ഓരോന്നും കൊടുത്ത് നാനാഭാവാൻ പൃഥക് വിധാൻ പലത് പലത് പലതായിട്ട് കാണുന്നു വേറെ പിരിക്കുന്നു അല്ലേ ഇപ്പൊ മെഡിക്കൽ സയൻസ് നോക്കിയാൽ ആദ്യം എല്ലാത്തിനും ഒരേ ഡോക്ടർ തന്നെ അങ്ങനെയായിരുന്നു മുമ്പ് അത് ജലദോഷത്തിന് പനിക്ക് മൂക്കിന് ചെവിക്ക് വേറെ ഒന്നുമില്ല എല്ലാ ഒരു ഡോക്ടർ അന്നും ഭേദമായിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇന്നിപ്പോ മൂക്കിനൊരാള് അയാള് മൂക്ക് മാത്രമേ നോക്കുകയുള്ളു ചെവിക്ക് ഒരാൾ അയാള് ചെവി മാത്രമേ നോക്കുകയുള്ളൂ വയറിനൊരാള് തലക്കൊരാള് ഇതെല്ലാം കൂടെ വേറെ വേറെ വേറെ അത് ഡിപ്പാർട്ട്മെന്റ് വേറെ ഇത് ഡിപ്പാർട്ട്മെന്റ് വേറെ എന്ന് പറഞ്ഞ് പിരിച്ചു പിരിച്ചിട്ടാണ് മെഡിക്കൽ സയൻസ് പൃഥക്വേന തൂയജ്ഞാനം പക്ഷെ നമ്മൾ പിരിച്ചു പിരിച്ചിട്ടുള്ള ആളുകളാണോ ഹാർട്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ ലിവർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ കിഡ്നി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് മുഴുവൻ ഒരാളുടെ ജീവിതാണേ ഒരേ ചൈതന്യത്തിന്റെ ആണ് മുഴുവൻ ആധാറായിട്ടുള്ള ചൈതന്യത്തിനെ ഇവരാരും ഒട്ട് സ്വീകരിക്കണമില്ല തന്നെ ഒരു ഇത് വായിച്ചു ഗർഭത്തിലൊരു ട്വിൻസ് കിടക്കുന്നു അതിലൊരാൾ യുക്തിവാദിയാണ് ഒരു കുട്ടി പറഞ്ഞു നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ലോകത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു മറ്റേ കുട്ടി പറഞ്ഞു എന്ത് പുതിയ ലോകം ഇതേ ഉള്ളു ലോകം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് കഴിഞ്ഞൊന്നുമില്ല ഗർഭമാണ് അവർ കാണുന്നത് ഏയ് നമ്മൾ അമ്മയുടെ വയറിലാണ് ഇരിക്കുന്നത് എന്ത് അമ്മ അമ്മ ആരെയും കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ അമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കുട്ടി ഏയ് അമ്മ നമുക്ക് മുഴുവൻ ചുറ്റും നമ്മളുടെ ചുറ്റും അമ്മയാണ് അതൊക്കെ വെറുതെ പുറത്തു പോയാൽ ചിലപ്പോൾ നമ്മള് വായു കൊണ്ട് ഊണ് കഴിക്കും വായു കൊണ്ട് ഊണ് കഴിക്കും ഈ അമ്പിളിക്കൽ കാർഡ് കൂടിയാണ് ഒക്കെ വരുന്നത് ഇതില്ലാതിരിക്കും പറ്റില്ല അതായത് അപ്പ കാണുന്നതാണ് സത്യം അല്ലേ നല്ല ഒരു ഭാവനയാണെങ്കിലും ഇതാണ് യുക്തിവാദം എന്ന് പറയണത് നമ്മളുടെ മുമ്പിലുള്ള ഡോറ് തുറക്കണവരെ അങ്ങാപ്പുറത്ത് ഒന്നും ഇല്ലാന്ന് വാദിക്കണത് ഇത്രേയുള്ളൂ യുക്തിവാദത്തിന് എല്ലാം വരെ വരെ പൃഥക് പൃഥക് പൃഥക് ഇത് വരാൻ കാരണം എന്താ പാരമാർത്ഥികമായ ലക്ഷ്യം ഒരാളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഈ ദോഷം വരുമെന്ന് വ്യാസനോട് നാരദൻ ഭാഗവതത്തിൽ പറഞ്ഞു ഒരു വാണിങ് കൊടുത്തതാണ് അതായത് മറ്റു പുരാണങ്ങളിലൊക്കെ മകൾക്ക് കല്യാണം കഴിയണോ ഈ പൂജ ചെയ്താൽ മതി കുട്ടി ജനിക്കണോ ഈ ദേവനെ പൂജിച്ചോളു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്ങനെയെങ്കിലും ഒരു പൂജ ചെയ്യട്ടെ നല്ല കാര്യം ചെയ്യട്ടെ എന്ന് വന്ന് തുടങ്ങി വെച്ചതാ അങ്ങനെ ചെയ്തിട്ട് ഈ സമൂഹത്തിനെ കേടുവരുത്തി കളയുകയാണ് പറഞ്ഞു നാരദൻ ജുഗുപ്സിതം ധർമ്മകൃതയാണ് ശാസത ഇവർക്ക് അല്ലെങ്കിൽ ഈ സൂക്കേട് ഉണ്ട് അല്ലെ ഇപ്പൊ ഭാഗവത് സപ്താഹം പോലും അങ്ങനെയായി കുരുമിണി കല്യാണം എന്ന് പറഞ്ഞാൽ തിരക്ക് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ആളെ കിട്ടില്ല യാത്ര അതുകൊണ്ട് ഇവർക്ക് കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ആൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പരമാർത്ഥ വിദ്യയെ അപഹളിക്കുകയാണ് നമ്മൾ ഈ പരമാർത്ഥവിദ്യ അതുപോലെ അന്ന് വെറുതെ ഭാഗവതം പറഞ്ഞ് നാമസങ്കീർത്തനം ചെയ്ത് ജ്ഞാനം ഭക്തി വൈരാഗ്യം പറഞ്ഞ് പ്രയോജനം ലോകത്തിന് പ്രയോജനം വേണം ഇതാണ് രജോമയമായ ദൃഷ്ടി അത് ലോകത്തിന് പ്രയോജനം വേണ്ടന്നല്ല അത് ഓൾറെഡി ഉണ്ടല്ലോ ഇത്ര ചെയ്യുന്നുണ്ടല്ലോ ഇത് കിട്ടാനാണ് ആരും വഴിയില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കണത് ശാന്തി എവിടെ കിട്ടും നിവൃത്തി എവിടെ ഇതിലും കൊണ്ട് വേദ കലക്കണോ അത് വേറെ ഇത് വേറെ അവനവൻ അവനവൻ ചെയ്യേണ്ട ധർമ്മം ചെയ്താൽ മതി ലോകത്തിലെ വേണം ലോകത്തിലെ സ്കൂൾ വേണം ലോകത്തിലെ സോഷ്യൽ സർവീസ് വേണം ഇതൊക്കെ വേണ്ടതാണ് പക്ഷെ അത് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് അവിടെ അത് നടക്കണം പൃഥക്വേനെ വേറെ വേറെ വേറെ എന്ന് കാണുന്ന ബുദ്ധി അല്ലെങ്കിൽ തന്നെ നമ്മളെ വിഷമിപ്പിക്കുകയാണ് നാനാഭവമാൻ പൃഥക്വിത നാനാഭാവങ്ങളെ കാണുന്നു സർവേഷു ഭൂതേഷു പല പ്രാണികളിലും ഭൂതജാലങ്ങളിലും എല്ലാ വേറൊരു വ്യത്യാസങ്ങളും കാണുന്ന അറിവുണ്ടല്ലോ അത് രജോഗുണപ്രധാനമായ അറിവാണ് അർജുന എന്ന് വെച്ചാൽ അതിന്ന് രാഗദ്വേഷം ഉണ്ടാവും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇരിക്കാൻ സമ്മതിക്കില്ല നമ്മളെ ആ അറിവ് ഇരിക്കാൻ സമ്മതിക്കില്ല എന്താണെന്നുവെച്ചാൽ അതിനു ലക്ഷ്യമൂല നിവൃത്തിയേ എന്താ വിശ്രാന്തി എന്നുള്ളതില്ല കടന്ന് പെരണ്ടുകൊണ്ടിരിക്കും കർമ്മത്തിന് കർമ്മം വ്യവഹാരത്തിന് വ്യവഹാരം റിസൾട്ടിന് റിസൾട്ട് അതാണ് ലോകദൃഷ്ടിയിൽ നമ്മൾ കാണുന്ന ഇന്നത്തെ അറിവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സയൻസും എല്ലാം ഈ പൃഥക്വേന ആണ് വേറെ വേറെ വേറെ ഡിവിഷൻസ് ഡിവൈഡ് ചെയ്തുകൊണ്ടേ പോവുക പിരിച്ചുകൊണ്ടേ പോവുക പരമാർത്ഥമായ ലക്ഷ്യമില്ലാത്ത അറിവ് അതിനൊരു ഒരു ഫുൾ സ്റ്റോപ്പേ ഇല്ല അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിനൊരു വിശ്രാന്തി സ്ഥാനമേ ഇല്ല ജന്മ മൃത്യു ജരാ തപ്ത ജനവിശ്രാന്തിദായിനി ഈ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവിയെ കുറിച്ച് പറയാണ് ജനിച്ചും മരിച്ചും വളർന്നും ഒക്കെ പോയ ആള് അപ്പ എനിക്ക് ശാന്തി വേണം എന്ന് പറയുമ്പോഴേ ഈ അറിവ് യൂസാവുള്ളൂ ഈ ആദ്യം പറഞ്ഞ അറിവ് ഏകജ്ഞാനം അദ്വൈതജ്ഞാനം അല്ലെങ്കിലോ പൃഥ്ക്ത്വേനെ ഡിഫറെന്റ് ഡിഫറെന്റ് വേറെ വേറെ വേറെ വേറെ അറിവാണ് ഇത് കർമ്മകാണ്ടേദഭാഗത്തിലാണെങ്കിലും അതെ പല പല പല പല വ്യവഹാരങ്ങളാണ് പലതും ഇതിങ്ങനെ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ അറിയണം ബ്രെയിൻ അങ്ങനെ ഡിസിപ്ലേറ്റഡ് ആയിട്ട് പല വിഷയങ്ങളിൽ ചെന്ന് പലതിലും ചെന്ന് പെട്ടുകിടക്കും ഞാനികളുടെ മനസ്സ് വളരെ സിംപ്ലിഫൈ ചെയ്ത് കഴിയും ഭഗവാൻ രമണ മഹർഷി പോയിട്രി പോലും അദ്ദേഹം ശബ്ദിക്കും എന്തിനെ വെറുതെ ഇതൊക്കെ എഴുതണമെന്ന് ചോദിക്കും ഇതിനൊക്കെ മനസ്സിനെ ഉപയോഗിക്കണം ഇത് നേരെ ഹൃദയത്തിലയച്ചാൽ ശാന്തി ഉണ്ടാവും ശാന്തി വേണോ മനസ്സ് ഹൃദയത്തിൽ അടങ്ങണം സിദ്ധി വേണോ മനസ്സ് ഏതിലെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം മനസ്സ് ഹൃദയത്തിലടങ്ങുമ്പോൾ ശാന്തി ഉണ്ടാവും നിശ്ചലമാവുമ്പോൾ ശാന്തി ഉണ്ടാവും അതാണ് ക്ഷേമകരം എന്നാണ് ഋഷികളുടെ വാദം അത് ശ്രേയസിന്റെ മാർഗമാണ് ശാന്തിയുടെ മാർഗമാണ് നമുക്ക് വളരെ കുറച്ചു മതി ലോകത്തിൽ ജീവിക്കാം ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സനാതനധർമ്മം ക്ഷേമമായിട്ടിരിക്കാമല്ലോ എല്ലാവർക്കും ഷം ം ഷം ഷം ശാന്തി ശാന്തി നാല് കാലിൽ നടക്കണം രണ്ടു കാലിൽ നടക്കുന്ന ഒരു മോഷതി വനസ്പതികൾക്കും സകല പ്രാണികൾക്കും ദേവതകൾക്കും ഒക്കെ ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് ഉള്ളത് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക ഈ ഭൗതിക വാദം അത് ഏതൊക്കെ തലത്തിൽ പോയാലും മനുഷ്യന് ദുരിതം ഉണ്ടാക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ അതിന് ശരിയായ അറിവില്ല നമ്മൾ വിചാരിക്കണത് എല്ലാവർക്കും എല്ലാ ഭോഗ വസ്തുക്കളും കിട്ടിയാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന അത് വിതരണം ചെയ്യലാണ് ഒരു വലിയ നല്ല കാര്യം എന്നാണ് ഇപ്പൊ നമ്മൾ ധരിക്കണത് എല്ലാവർക്കും എല്ലാ ഭോഗ വസ്തു കൊടുക്കുക അപ്പൊ നോക്കൂ എല്ലാവർക്കും ഒരു ടി വി കൊടുക്കും റേഷൻ പോയിട്ട് പണ്ട് അരിയൊക്കെ കൊണ്ടുവരുന്ന പോലെ തലയിൽ ടിവിയും വെച്ചോണ്ടാണ് വരുന്നത് എന്തിനാ ടി വി കൊടുക്കുന്നത് അതിൽ ഈ ആളുകൾ പറയണത് ഈ ടി വി ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കണം വരെ അതാണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം പിന്നെ പണി ചെയ്യാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തും കൊടുത്തു ഭോഗവസ്തുക്കൾ എല്ലാവർക്കും കൊടുത്താൽ എല്ലാവരും സുഖമായിട്ടിരിക്കും സുഖം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ഗവൺമെന്റും മെഡിക്കൽ ഫീൽഡും ഒക്കെ കൂടെ തീരുമാനിച്ച് ഇന്നെ ഇഞ്ചെക്ഷൻ എല്ലാവർക്കും കൂട്ടമായിട്ട് വെക്കണം തീരുമാനിച്ചാൽ വെച്ച് നായ്ക്ക് പേപ്പട്ടിക്ക് പേ ഇളകാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ അത് മനുഷ്യനും വെക്കണം എന്നൊരു കമ്പനി തീരുമാനിച്ച നമ്മളുടെ മേലേക്ക് കുത്തിവിട്ടുകൾ പന്ത്രണ്ട് വയസ്സ് വരെയും തലയിൽ എഴുത്തുനോക്കും എല്ലാരും പേടിച്ച് പേടിച്ച് പേടിച്ച് പേടിച്ച് അതും വേണം നമ്മളുടെ വിഷയമല്ല എന്നാൽ പറയാം എല്ലാം ഈ കൂട്ടമായ ഈ നോൺസെൻസ് ഈ ഇതിന്റെ ഉള്ളിൽ വരാതിരിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കണം പുനർജന്മ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ ഈ അബ്സഡിറ്റി നോൺസെൻസ് ഇതിന്റെ ഉള്ളില് വീണ്ടും വരാതിരിക്കണമെങ്കിൽ പുറത്തു പോവാമല്ല വഴിയുണ്ടോ നമ്മൾ ചോദ്യമാണ് മുക്തി മുമുക്ഷുത്വം എന്ന് പറയാം ഗവൺമെന്റ് എന്ന് പറഞ്ഞ തലേലിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കണം ഇതൊക്കെ എവിടെ നിന്ന് വരണു പൃഥക് വിധാൻ വേറെ വേറെ വേറെ വേറെ അറിവ് അതിന്റെ സോഴ്സിനെ കുറിച്ച് അറിവേയില്ല ഒരു കോൺഷ്യസ് ഐന്റിറ്റി സർവജ്ഞ സർവവി സർവജ്ഞനും സർവവും അറിയുന്നവനും അമ്മയും അച്ഛനും ഒക്കെ ആയൊരു ശക്തി ഉള്ളിലുണ്ട് അയാൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു പട്ടിക്ക് ഒരു നായിക്ക് വേറിന് വിഷമം വരുമ്പോ അത് നേരെ ഇങ്ങനെ നടക്കണു എന്തൊക്കെയോ പുല്ലൊക്കെ തിന്നിട്ട് വരണു മിണ്ടാതെ കിടക്കണു കഴിഞ്ഞു അതിനൊരു ഹീലിംഗ് ഒരു െങ്കിലും സ്വയമേവ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടോ നിങ്ങൾ പുരോഗമിച്ച് പുരോഗമിച്ചു നായ്ക്കുള്ള സ്വാസ്ഥ്യം പോലും നിങ്ങൾക്കില്ല കാക്ക ഒരു മരത്തിന്റെ കൂട് വെച്ച് കാക്ക അതിൽ കൂട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല വലിയ ബിൽഡിങ്ങിൽ ഇരുന്ന എളുപ്പത്തിൽ കാണും കൂടുവെച്ച് അതിനകത്ത് കുഞ്ഞുവിരിച്ച് അതിങ്ങനെ ഇരിക്കും മഴയും വെയിലും കൊണ്ട് വെള്ളമൊക്കെ ആ കൊച്ചു കാക്ക കുഞ്ഞുങ്ങള് ഒരു കാക്കയെങ്കിലും ജലദോഷം ഒന്ന് തുമ്മണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അതിനൊന്നിതൊന്നും ബാധകല്ലയോ എല്ലാ സിദ്ധാന്തങ്ങളും ഈ വേർപിരിഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങൾ മുഴുവൻ വെറും ഫുളിഷ്നെസ് ആണ് നമ്മളുടെ സയൻസ് എന്ന് പറഞ്ഞ് ബാക്ടീരിയ വൈറസ് അത് ഇതെന്നൊക്കെ നമ്മൾ പിരിച്ചുകൊണ്ട് പോണല്ലോ നമ്മൾ ഉണ്ട് എന്ന് ധരിച്ച അതൊക്കെ ഇണ്ട് ഈ ഇല്ല എന്ന് ഉറപ്പിച്ച ഇല്ലാതായി കളയും പക്ഷെ അതിന് ഊക്കമാണ് ഒരു മഹാത്മാ പറഞ്ഞു ഒരാൾ ചോദിച്ചു അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് ഡ്രൈനേജ് വെള്ളം കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു എല്ലാം ആത്മാ ബ്രഹ്മ എന്തേ പറ്റാത്ത ആ പന്നി നോക്കൂ അത് ഡ്രൈനേജ് വെള്ളം കുടിച്ച് ചവനപ്രാശം കഴിച്ച പോലെയാണ് കൊഴു ആ പന്നിയുടെ ഭാവം നിനക്ക് എടുക്കാമെങ്കിൽ ധാരാളം ഇട്ട് പറ്റും ഞാനൊരിക്കൽ കണ്ടു ബൃന്ദാവനം പോകുമ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ എണ്ണ പിടിച്ച പോലെ ആ ഡ്രൈനേജ് വാട്ടർ ആയിരിക്കണം അതിൽ കുറെ കുട്ടികൾ കളിച്ചു മറിക്ക അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മൾ അവിടെ പോയി അഞ്ചു മിനിറ്റ് നിന്നാൽ നമുക്ക് ജലദോഷമായി വയ്യായി ഈ സിദ്ധാന്തം ഒന്നും ഫലിക്കില്ല എന്താന്ന് വെച്ചാൽ നമ്മളുടെ അറിവ് നമ്മളുടെ ജീൻറെ ഉള്ളിൽ കിടക്കണം അവിടെ നിഷ്കാസനമായിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വയ്യാതായി കളയും നമുക്കിതൊക്കെ മോശമാണെന്ന് അവർക്ക് ആ ഐഡിയ ഇല്ല അപ്പൊ ഏകജ്ഞാനം എന്ന് പറയുന്നത് ഒരു മാജിക്കാണ് അത് എത്ര കണ്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രീ ആയിക്കളിയും നമ്മൾ സ്വതന്ത്രമായി കളിയും ദ്വൈതമുണ്ടെന്ന് പറയാനുള്ള എല്ലാ യുക്തിയും നോൺസെൻസ് അബ്സഡിറ്റ് ചെയ്യാൻ മായ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല കേട്ടോ കൂടെ ഉണ്ട് എന്ന് ഇപ്പൊ പുറപ്പെടുമ്പോൾ അതാണ് മായ അന്യം എവിടെ കാണുന്നുണ്ടോ അവിടെ ദുഃഖമുണ്ട് എത്ര നയത്ത് പശ്യത്തി നയ ശൃോതി നയ്യത് വിനാതി സഭൂമാ എത്ര അന്യത് പശ്യതി അന്യത് ശൃണോ അന്യത് വിജാതി തത് അല്പം അന്യത്തിനെ അല്പമാണെന്നാണ് അത് ദുഃഖം ഉണ്ടാക്കും വിഷമുണ്ടാക്കും ഇത് രജോ ഗുണപ്രധാനം ഒരു പാർട്ടി കൂടെ ഉണ്ട് അടുത്തത് യു കൃത്സ്നപദേകസ്മിൻ അതവത് അൽപ്പം തത് താമസ മുദാഹൃതം തമോ ഗുണമായ അറിവെന്താന്ന് വെച്ചാൽ ഒറ്റ കാര്യത്തിൽ കിടന്നു ഒരു കാരണവുമില്ലാതെ ഫെനറ്റിക് ആയിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതിന് പുറകിലുള്ള തത്വമൊന്നും അയാൾക്ക് അറിയില്ല അയാളുടെ അറിവ് അല്പമാണ് യത്്ഞാനം കൃഷ്ണവത് സമസ്തവത് സർവ വിഷയം ഇവ ഹിവാ പ്രതിമാവ ശങ്കരാചാര്യർ പറഞ്ഞു ഒന്നിലെ ശരീരത്തില് അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഐഡിയയിൽ അല്ലെങ്കിൽ ഒരു പ്രതിമയിൽ അതിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കും സക്തം ഏതാവാനേവ ആത്മാശ്വരോ വ ഇത്രയേ ഉള്ളൂ ആത്മാവീശ്വരൻ ഇതാണ് സർവമെന്ന് ധരിച്ച അതിൽ മാത്രം ഒട്ടിപ്പിടിച്ച് ഇതുവരെ അതുവരെ കാണും അതാണ് പ്രാകൃത ഭക്തി എന്ന് ഭാഗവതം പറഞ്ഞു അർച്ചാ ഹരയേ യസ്മാത് എന്താ അർച്ചാമേവ ഹരയേ പൂജാ യശ്രദ്ധയേ ഹെ നദ്ഭക്തേഷു ച അന്യേഷു സഭക്ത പ്രാകൃത സ്മൃത അർച്ചനാമൂർത്തിയിൽ ആ വിഗ്രഹത്തിൽ മാത്രം അത് വേറെ വിഗ്രഹം കണ്ടാ കോപിച്ചു ശിവന്റെ സ്ഥലത്ത് വിഷ്ണു കണ്ടാ കോപിച്ചു ഇപ്പോഴും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ശിവൻ അവിടെയുണ്ടോ നടുവിലൊരു കർട്ടൻ ഇട്ട് ഒരു വൈഷ്ണവനെ ആന ഓടിച്ചു പൂടി ഇയാൾ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുമോ രണ്ടു മൂന്ന് വീടൊക്കെ തട്ടി നോക്കി വാതിൽ അടച്ചിരിക്കണു പിന്നെ നോക്കുമ്പോ ഒരു മാത്രം ഓപ്പൺ ആനയുടെ നേരത്തെ ഇരിഞ്ഞു നിന്നു അത്ര ആന ചവിട്ടിയാലും അതിനകത്തേക്ക് പോകില്ല ഹസ്തി ശിവാലയം ആന ചവിട്ടിയാലും ഞാൻ അതിനകത്തേക്ക് കയറില്ല എന്താപ്പോ ഒരു കോപ്പം എന്ന് അത് പണ്ട് ഇയാള് പറഞ്ഞില്ലേ എന്താ ഒരു ശിവഭക്തനുണ്ടായിരുന്നു ഗണ്ഠാകരന് ചെവിയിൽ മണി കെട്ടിക്കൊണ്ട് നടക്കും എന്താണെന്ന് വെച്ചാൽ നാരായണാന്ന് കേൾക്കാൻ പാടില്ല എന്നു അപ്പം മൂപ്പര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പിന്നാലെ കൂടിയിട്ട് നാരായണ എന്ന് പറയുന്നു അപ്പം മൂപ്പര് ചെവി ഇങ്ങനെ ഇവിടെ മണി കെട്ടിയിട്ടിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആളും അപ്പോൾ ശിവൻ തന്നെ തീരുമാനിച്ചു ഞാൻ വേറെയല്ല വിഷ്ണു വേറെയല്ല ഇയാളോട് പറയണമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോഴും കേട്ടില്ല അർദ്ധനാരീശ്വരൻ പോലെ ഹരിനാരായണനായിട്ട് മുമ്പിൽ വന്നു നിന്നു അപ്പോ ഒരു പകുതിക്ക് ദീപാരാധന കാണിക്കും പറയും ചന്ദനത്തിരി ഒക്കെ കൊളുത്തി കാണിക്കുമ്പോ ഒരു മൂക്കിങ്ങനെ അടച്ചുപിടിക്കേഷ്യപ്പെട്ടിട്ട് ശിവൻ പറഞ്ഞു അത്ര ബദ്രിയില് പോയിട്ട് നാരായണന്റെ മന്ദിരത്തിന് കാവലിരിക്കുമെന്ന് വന്നു അപ്പൊ ഇരിക്കുന്നുണ്ടവിടെ പാർട്ടി ഖണ്ഡാകരന് അപ്പോ അതിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുക നഗ്നക്ഷപണകാദീനാം ശരീരാനുവർത്തി ദേഹപരിമാണോ ജീവ ഈശ്വരോ വ പാഷാണാദൌ അറുവാതിമാത്രീ ഏവം ഏകസ്മിൻ കാര്യ സക്തം ഇവിടെ ശങ്കരാചാര്യർ ഒരു കാര്യം പറയണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എല്ലാവരും പറയണത് ബുദ്ധനും ജൈനനും ഒക്കെയാണ് ഇവിടെ വിഗ്രഹാരാധന ഇല്ലാതാക്കിയതെന്ന് ശങ്കരാചാര്യർ പറയണു ഈ വിഗ്രഹാരാധന ഇവിടെ കൊണ്ടുവന്നവരവരാണ് നമ്മൾക്ക് വിഗ്രഹാരാധനയൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഏറ്റവും തന്നെ പക്ഷെ നമ്മൾ ദൈവജീവിതം റിവേഴ്സായിട്ട് ആരോപിക്കരുത് ഇവിടെ നമ്മളുടെ ആരാധന പ്രകൃതിയെ മുഴുവൻ ആരാധിച്ചിരുന്നു സസ്യ ലതാദികൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും എല്ലാറ്റിനെയും ആരാധിച്ചിരുന്നു ഒരു ഏകദൈവ ആരാധനയല്ല നമ്മളുടെ നമ്മൾ പറയണത് ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഹിന്ദുമതമാവില്ല ദൈവചെയ്ത് ഇനി അങ്ങനെ പറയരുത് ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളതല്ല നമ്മളുടെ വാദം നമ്മൾ പറയണത് ദൈവമേ ഉള്ളൂ എന്നാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയണതിനും ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് അനന്തത്തിനും അല്പത്തിനുമുള്ള വ്യത്യാസമുണ്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ദൈവം എവിടെയോ പാവം ഒറ്റക്കിരുന്ന് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഒരു ദൈവമേ ഉള്ളൂ എന്നല്ല നമ്മൾ ദൈവമേ ഉള്ളൂ ഈശാവാസ്യമിതം സർവം ആദ്യമായിട്ട് അഗ്നിയുടെ സ്ഥാനത്തിൽ വിഹാരങ്ങൾ കൊണ്ടുവന്നതും വിഗ്രഹങ്ങൾ കൊണ്ടുവന്നതുമൊക്കെ ബുദ്ധമതമാണ് ജൈനമതാണ് അതാണ് ശങ്കരാചാര്യർ ഇവിടെ പറയണത് എങ്ങനെ നഗ്നക്ഷപണകാതീനാം നഗ്നന്മാർ എന്ന് ചമടകന്മാർ ജൈനന്മാർ അവരൊക്കെ ശരീരത്തിനെ തന്നെ ആശ്രയിച്ച് ശരീരത്തിനെ പല വിഷമിപ്പിച്ച് ദേഹപരിമാണമാണ് ജീവൻ എന്ന് വാദിക്കുകയും വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു അല്ലെ ബാഹുബലി മുതലായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ നോക്കൂ നിങ്ങള് പാഷാണാദവും അറുവാദി മാത്ര ഇതി ഏവം ഏകസ്മിൻ കാര്യ സക്ത ഇതൊന്നിലാണ് അഹൈതുക്കം ഹേതുവർജിതം ഒരു ലോജിക്കും അവരുടെ ഉള്ളിലെ വേല പോവില്ല താമസാനാം ഹി പ്രാണിനാം അവിവേകിനാം ഈദൃശ്യം ജ്ഞാനം ദൃശ്യത്തെ തമോ ഗുണം ബുദ്ധിയിൽ കയറിക്കഴിഞ്ഞാൽ ഇരുട്ട് കയറി കഴിയുമ്പോൾ വിവേകം വിചാരം ചെയ്യാനുള്ള ശക്തിയൊക്കെ പോയിപ്പോകും പലർക്കും ഒരു സ്റ്റേജിൽ മേലെ അവർക്ക് ചിന്തിക്കാനുള്ള ശക്തി വിചാരം ചെയ്യാനുള്ള ശക്തി വിവേകം ഒക്കെ പോയി പോകും എന്ത് പറഞ്ഞോ അത് തന്നെ മുമ്പിലുള്ള ആള് പറഞ്ഞാൽ പിമ്പിലുള്ളവര് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കേക്കില്ല ബാക്കിലെ അയാൾ എന്തോ മുദ്രാവാക്യം പറയും മുമ്പിൽ രണ്ടുപേർക്ക് കേൾക്കും പിന്നാലുള്ളവർ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയാത്ര അതുപോലെയാണ് നമ്മുടെ കാര്യമൊക്കെ അപ്പൊ ഈ ഒരേ കാര്യത്തില് സക്തം ഒന്നിൽ തന്നെ സക്തം അഖണ്ഡത്തിനെ അറിയുന്നില്ല അല്പത്തിൽ പെട്ടുകിടക്കുന്നത്ണ്ടല്ലോ അത് താമസമുദാഹർത്തം ഒരു അമ്പലത്തില് ഒരു മൂർത്തിയില് ആരാധിച്ചു തുടങ്ങണു ക്രമേണ അത് സഹജീവികളോടും പ്രാണികളോടും ഭക്തന്മാരോടും ഒക്കെ പരന്ന ഭക്തി പരക്കുന്നു പിന്നെ സർവവിഷയങ്ങളിലും സർവഭൂതങ്ങളിലും പോകണു അങ്ങനെയാണ് ഭക്തി വളരുന്നത് ഭക്തി ഒരു സ്ഥലത്ത് ഒരു ശാലഗ്രാമത്തിൽ ഒരു ശിവലിംഗത്തിൽ ആരംഭിച്ച് ഭഗവത് കഥയിൽ രുചി ഭക്തന്മാരുടെ അടുത്ത് ഒരു സഖ്യഭാവം വന്നു ക്രമേണ സർവഭൂതങ്ങളിലേക്കും പ്രാണികളിലേക്കും അത് വ്യാപിച്ചു വിശാലമായിട്ട് തരും അറിവുള്ളവന്റെ ഹൃദയം എന്താണ് ആ ഹൃദയം ഈ ബാഴിയുടെ ഉള്ളിൽ ലിമിറ്റഡ് അല്ല എന്നാണ് ശ്രുതി പറയണത് ഹൃദയം വിശ്വമസ്യ വിശ്വം ഹൃദയമാണെന്നാണ് വിശ്വം മുഴുവൻ ഹൃദയമാണെന്ന് ശ്രുതി അപ്പോ അങ്ങനെയുള്ള ജ്ഞാനം ഏത് ജ്ഞാനും ആ അഖണ്ഡത്തിനെ വിട്ട് അനന്തത്തിനെ വിട്ട് അല്പത്തിൽ ഒട്ടിപ്പിടിച്ച് ഇത് ഞങ്ങളുടെ സ്വാമിയാണ് അത് നിങ്ങളുടെ സ്വാമിയാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ രാഗദ്വേഷം വളർത്തി ഷണ്ട ഇത് ഞാനാണ് ഇത് നീയാണ് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ശരീരത്തിന്റെ കാര്യത്തിത്ര ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് നിങ്ങളുടെ രാജ്യമാണെന്ന നടുവിൽ ഒരു കോഡ് ഇട്ടിട്ട് പാകിസ്ഥാനും ഇന്ത്യയും കൂടെ കാട്ടിക്കൂട്ടണെന്ന് നോക്കൂ അല്ലേ ഒരേ രാജ്യത്ത് നിന്ന് ഇവിടെ അങ്ങോട്ട് പോയി അവിടെ നിങ്ങോട് പോയി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മൾ ചണ്ട ഒരു ക്രിക്കറ്റ് മാച്ച് ആര് കളിക്കണമെന്ന് പറയണില്ല ഏതെങ്കിലും ഒരു പക്ഷം കൂടിയിട്ട് ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പക്ഷം കൂടിയിട്ട് ഒരു ഉത്സാഹമാണത് ചണ്ട കൂടുക അത് രാജസം അതേപോലെ ഒരു ലോജിക്കും റീസണും ഇല്ലാതെ ഒരു ലിമിറ്റഡ് തിങ്ങിൽ പെട്ട് കിടക്കുന്നത് താമസം ആ ജ്ഞാനം അവിടെ നിന്ന് കിടക്കണു അത് താമസം ഉദാഹൃതം